ശക്തമായി നൂൽനൂറ്റതിനു ശേഷം അത് വീണ്ടും അഴിച്ചു കളഞ്ഞവളെ പോലെ നിങ്ങളാകരുത് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തേക്കാൾ കൂടുതൽ ശക്തിയുള്ളതാകാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സത്യങ്ങളെ പരസ്പരം വഞ്ചനയായി ഉപയോഗിക്കുന്നു ഇതിലൂടെ അള്ളാഹുസുബഹാനുഹുവ തായാലെ പരീക്ഷിക്കുകയാണ് നിങ്ങൾക്കിടയിൽ അഭിപ്രായവ്യത്യാസമുണ്ടായിരുന്ന കാര്യങ്ങൾ പുനരുദ്ധാന നാളിൽ അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കിത്തരും